നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പീർക്കെഴുതിയ ലേഖനം അതിൽ നിന്നൊരു വാക്യം നമുക്ക് നോക്കാം നാലാമധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് ഫിലിപ്പീർക്കെഴുതിയ ലേഖനം നാലാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു വളരെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഞാൻ സകലത്തിനും മതിയാകും ഈ ഈ വാക്യത്തോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ ഈ വർഷത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ശക്തിയില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു നമ്മൾ ഈ വാക്യം പലപ്പോഴും കർത്താവായ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് കർത്താവാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് കർത്താവാണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത് എന്നാൽ അതേസമയം തന്നെ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചും നമുക്കിതേ കാര്യം തന്നെ പറയാനായിട്ട് കഴിയും അപ്പോസ്ല പ്രവൃത്തി ഒന്നാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിനെ ശക്തിയായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണല്ലോ അപ്പോസ്ല പ്രവൃത്തി ഒന്നാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം കർത്താവ് ഈ ഭൂമി വിട്ടു പോകുമ്പോൾ കർത്താവ് പറയുകയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരും പരിശുദ്ധാത്മാവ് അതുവരെ അത്ര വ്യക്തതയില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ പഴയ നിയമത്തിൽ അങ്ങിങ്ങിയ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് അതിൻ്റെ ഒരു തൃത്വത്തിൽ അതിൻ്റെയുള്ള സ്ഥാനത്തെക്കുറിച്ച് അത് നമ്മളെ ഏത് നിലയിൽ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ചൊന്നും വേണ്ടതുപോലെ പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയില്ല പഴയ നിയമത്തിൽ കാണുന്ന കാര്യങ്ങളുടെ പൂർണ്ണമായ വെളിപ്പാടാണല്ലോ പുതിയ നിയമത്തിലുള്ളത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇവിടെ ഇതാ കർത്താവ് പോകാൻ നേരത്ത് സംസാരിക്കുന്നു കർത്താവ് പറയുന്നു പരിശുദ്ധാത്മാവ് വരും നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാകും നമ്മളെ ഫിലിപ്പർക്ക് എഴുതി ലേഖനം നാലിൻ്റെ പതിമൂന്നിലെ വായിച്ച ആ വാക്യം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരൻ പുതുവർഷത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വേണ്ടത് ശക്തിയാണ് ശക്തിയാണ് എന്നാൽ ഈ ശക്തി എന്ന് പറയുന്ന കാര്യം അത് നമുക്ക് നമ്മൾ കേവലം പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായിട്ടല്ല കാണേണ്ടത് അതിനൊരു വ്യക്തിത്വമുണ്ട് അതൊരു വ്യക്തിയാണ് എന്നുള്ള നിലയിൽ വളരെ കുറച്ച് നമ്മുടെ ഹൃദയത്തിൽ അതിനെക്കുറിച്ചൊരു ധാരണയുള്ളൂ എന്നുള്ളതാണ് സത്യം കാരണം ദൈവത്തെക്കുറിച്ച് നമുക്കറിയാം ദൈവം സീനായി ഇറങ്ങി വന്നെന്നും ഒക്കെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് തൃത്വത്തിലെ രണ്ടാമനായ പുത്രൻ തമ്പുരാനെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തതയോടെ വളരെയേറെ വ്യക്തതയോടെ നമുക്ക് കാണാം കാരണം കർത്താവ് നമ്മളെപ്പോലെ ഒരു സ്വീകരിച്ച് ഈ ഭൂമിയിൽ വന്നു ജീവിച്ചു നമ്മളെപ്പോലെ ഇടപെട്ടു എന്നാൽ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ആ നിലയിൽ ഒരു ആകൃതിയുള്ളതായിട്ടോ അങ്ങനെ ഒരു കാര്യമല്ല നമ്മൾ പലരുടെയും മനസ്സിലുള്ളത് നമ്മൾ പലരുടെയും മനസ്സിലുള്ളത് അതൊരു ശക്തിയാണ് ശക്തിയാണ് നമുക്ക് നമുക്ക് പറ്റാത്ത ഒരു കാര്യം ഈ പരിശുദ്ധാത്മാവിനെ കൂടുതൽ കുടിച്ച് നമ്മൾ ശക്തിപ്പെട്ട് ചില ആളുകൾ ചില ഇതിൻ്റെയൊക്കെ വിറ്റാമിൻ്റെയൊക്കെ ചില പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ ജീവൻ ടോൺ കുടിക്കുക ഏഹ് കൊച്ചൊരു മനുഷ്യനായിരുന്നു അയാൾ ജീവൻ ടോൺ കുടിച്ചു ഉടനെ അയാൾക്ക് ഒരു വലിയൊരു ഭാരമെടുത്ത് പൊക്കത്തക്കവണ്ണം കഴിവുണ്ടായി എന്നൊക്കെ പറയുന്നത് പോലെ നമുക്കൊരു വ്യക്തത ഇല്ലാതാണോ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്നെ ശക്തനാക്കുന്നവൻ എന്നാണ് നമ്മളിവിടെ കണ്ടത് അത് ഇവിടെ കണ്ടതെന്താ അതൊരു അതിനൊരു വ്യക്തിത്വം നൽകുക എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം കർത്താവ് പറഞ്ഞു ശക്തി ലഭിച്ചിട്ട് പക്ഷേ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അങ്ങനെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തെ വളരെ വളരെ കൂടുതൽ അർത്ഥപൂർണമാക്കും പ്രത്യേകിച്ചും പുതുവർഷത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം എഫ് ലേഖനത്തിലേക്ക് വരുമ്പോൾ എഫ് എ സുർ കൃതി ലേഖനം നാലാമധ്യായം വാക്യം മുപ്പതാമത്തെ വാക്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് കണ്ടോ അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് കേവലം ഒരു ശക്തിയോ ഒരു കാറ്റ് പോലോ ഒരു വെള്ളം പോലോ ഒരു വ്യക്തിത്വമില്ലാത്ത ഒന്നല്ല നമുക്ക് ദുഃഖിപ്പിക്കാൻ വേണമെങ്കിൽ ദുഃഖിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് അത് എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ പലയിടങ്ങളിൽ പല നിലയിൽ നമ്മൾ കാണാറുണ്ടല്ലോ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അതിനെ അതിനെ ദുഃഖിപ്പിക്കാം ഇവിടെ നമ്മൾ കണ്ടത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാമെന്നാണ് ഇത് പറയുമ്പോൾ പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ് അവിടെയും പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക അപ്പോൾ ദുഃഖിപ്പിക്കാനൊക്കുന്ന വ്യക്തിത്വമുള്ള ഒന്നാണ് അപ്പോസ്റ്റൽ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ അഞ്ചാമധ്യായം അനന്യാസിൻ്റെ സഫീറയുടെയും കാര്യം ആ സംഭവം വരുമ്പോൾ അവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിക്കുന്നതിനെക്കുറിച്ചാണ് അങ്ങനെയാണ് അതിനെക്കുറിച്ച് അവിടെ പറയുന്നത് അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ മൂന്നാമത്തെ വാക്യം പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പായും അപ്പം പരിശുദ്ധാത്മാവിനോട് നമുക്ക് വ്യാജം വേണമെങ്കിൽ കാണിക്കാം കള്ളം പറയാം നമ്മുടെ ഒരു വീട്ടിലുള്ള നമ്മൾ സ്നേഹിക്കുന്ന ഒരു പിതാവോ മാതാവോ ആ മാതാവിനോട് നമുക്ക് എന്തു ചെയ്യാം മാതാവിനെ വേണേൽ നമുക്ക് ദുഃഖിപ്പിക്കാം ഇല്ലേ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ദുഃഖിപ്പിക്കാമെന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് ആ അമ്മയ്ക്ക് ആ മാതാവിനൊരു വ്യക്തിത്വമുണ്ടെന്ന് അത് നമ്മളെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ടെന്നും ആ പ്രതീക്ഷയ്ക്കൊപ്പം നമ്മൾ വന്നില്ലെങ്കിൽ ആ വ്യക്തിത്വം ആ അമ്മ ദുഃഖിക്കുമെന്നും ഒക്കെയാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ആ നിലയിൽ നമ്മൾ ചിന്തിക്കാറുണ്ടോ അതെന്തോ ഒരു ശക്തി ഒരു കാറ്റ് എന്തോ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമെന്നുള്ളതിനപ്പുറത്ത് ഒരു വ്യക്തിത്വമുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദുഃഖിപ്പിക്കാൻ കഴിയും അതിനോട് നമുക്ക് കള്ളം പറയാനായിട്ട് കഴിയും അപ്പോൾ ചിലപ്പോഴത്തെ അഞ്ചിൻ്റെ മൂന്നിലെ നമ്മളതാണ് കണ്ടത് മത്തായി എഴുതി ദിവസത്തിന് ശേഷം പന്ത്രണ്ടാമധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനെ വേണമെങ്കിൽ നമുക്ക് ദുഷിക്കാനായിട്ട് കഴിയും എന്ന് കാണുന്നു ഇതെല്ലാം നമുക്കൊരു വ്യക്തിയോട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഒരു വ്യക്തിയോട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനോടും ചെയ്യാൻ കഴിയും എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ് അപ്പം തന്നെ അത് ഒരു വ്യക്തിത്വമുണ്ട് അതിൻ്റെ ആകൃതിയെക്കുറിച്ചോ ഒന്നും പരാമർശങ്ങളില്ലെങ്കിൽ പോലും ഒരു വ്യക്തിയാണ് ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വന്നിരുന്നത് നന്നായിരിക്കും നമ്മൾ എഫ് എസ് വായിച്ച വാക്യത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം എങ്ങനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് അവിടെ നാലാമധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിലാണല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന വാക്യം അതിൻ്റെ മുകളും താഴെയും ആ പാരഗ്രാഫ് മുഴുവൻ ഈ പാരഗ്രാഫിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് നമ്മൾ കാണുന്നത് എന്നാൽ അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാനായിട്ട് കഴിയുന്നത് അതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട് നാലിൻ്റെ ഇരുപത്തഞ്ചിൽ ആകെയാൽ ഫോഷ്ക് ഉപയോഗിച്ച് കൂട്ടുകാരനോട് സത്യം സംസാരിപ്പി അപ്പം ഫോഷ്ക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ അത് ദുഃഖിപ്പിക്കും അതിൻ്റെ അടുത്ത വാക്യം ഇരുപത്തിയാറാമത്തെ വാക്യം കോപിച്ചാൽ കണ്ടോ കോപിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുത്താൽ അത് പരിശുദ്ധാത്മാവിന് ദുഃഖകരമാണ് ഇരുപത്തിയെട്ടാമത്തെ വാക്യം അവന് അധ്വ കൈകൊണ്ട് പ്രവർത്തിച്ച് അധ്വാനിക്കാതെ അലസമായിട്ട് ജീവിച്ചാൽ അതും പരിശുദ്ധാത്മാവിന് ദുഃഖമാണ് പലരും അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാറില്ല ചില ആളുകൾ നമ്മൾ ലോകത്തായിരിക്കുമ്പോൾ നമ്മൾ എന്ത് വേണം ദൈവം നമുക്ക് തന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തമായിട്ട് നിറവേറ്റണം ഒരു കുഞ്ഞിനെ പഠിപ്പിച്ചു അവനെ വളർത്തി അവനെ പഠിപ്പിച്ചൊരു ഒരു പ്രായമാക്കി കഴിയുമ്പോൾ അവനൊന്നും ചെയ്യാതെ വീട്ടിൽ രാവിലെ മുതൽ കമന്ന് കിടന്നുറങ്ങുക മൊബൈൽ ഫോൺ എടുത്ത് തോണ്ടുക ഈ പണിയാണെങ്കിൽ ആ അലസത ആരെ ദുഃഖിപ്പിക്കും പരിശുദ്ധാൽ അവനെ ദുഃഖിപ്പിക്കും നമ്മളത് പലപ്പോഴും കാണാറില്ലേ കണ്ടോ ഫോഷ്കിൻ്റെ കൂടെയും കോപത്തിൻ്റെ കൂടെയും തന്നെ അലസതയെക്കുറിച്ച് പറഞ്ഞിരിക്കുക കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരെ നിങ്ങൾ ഈ കാര്യത്തെ എത്ര ഗൗരവമായിട്ട് എടുക്കണം നിങ്ങൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ ഞാൻ രാവിലെ മുതൽ ചുമ്മാതെ കമന്നു കിടന്ന് ഉറങ്ങുന്നു മൊബൈൽ ഫോണെ വിളിക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷേ നീ ഫലത്തിൽ എന്താ ചെയ്യുക നീ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നീ ചെയ്യാതിരിക്കുമ്പോൾ നീ അലസനാണ് കൈകൊണ്ട് പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കാത്തതും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് ഇവിടെ നമ്മളതാണ് കണ്ടത് ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ അതാണ് ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാത്തത് അല്ലാതെ ആകാത്തതൊന്നും വായിൽ നിന്ന് പുറപ്പെടരുത് അപ്പോൾ വാക്കിനെ സൂക്ഷിച്ചില്ലെങ്കിൽ വാക്കിൽ നമ്മൾ തെറ്റിപ്പോയാൽ അതും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നീടാണ് നമ്മൾ ആ നടുക്കുള്ള വാക്യം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന വാക്യം നമ്മൾ കാണുന്നു അതിൻ്റെ താഴോട്ട് നോക്കിയാലോ താഴോട്ട് നോക്കിയാൽ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വരുമ്പോൾ കയ്പ്പ് കോപം ക്രോധം കുറ്റാരവും ദൂഷണം സകല ദുർഗണം അതൊക്കെയും അപ്പോഴേ ഇതിനോട് ചേർത്ത് തന്നെ പറഞ്ഞിരിക്കുമ്പോൾ അതും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് കയ്പ്പ് കയ്പെന്താ ക്ഷമിക്കാത്തതിൻ്റെ ബാക്കി പത്രമാണ് കയ്പ്പ് നമ്മളോടൊരു സഹോദരനൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു സഹോദരി ഒരു കാര്യം പറഞ്ഞു നമുക്കിഷ്ടമില്ല പക്ഷേ ആ ആൾ വന്ന് നമ്മളോട് ക്ഷമ ചോദിച്ചാൽ ക്ഷമിച്ചു എന്ന് നമ്മൾ പറയുമെങ്കിലും അതിൻ്റെ ഒരു ബാക്കി പത്രം ബാക്കിപത്രമെന്ന് പറഞ്ഞാലെന്താ മലയാളം പറഞ്ഞാൽ പലർക്കും മനസ്സിലായാലും ഇംഗ്ലീഷ് പറഞ്ഞാലേ മനസ്സിലാവൂ ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് കടക സ്ഥാപനങ്ങളൊക്കെ എന്താ വർഷാവസാനത്തിൽ അവർ ഒരു ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ വർഷത്തിൻ്റെ ഒടുവിൽ നിൽക്കുമ്പം ഈ വർഷത്തിൻ്റെ ബാലൻസ് ഷീറ്റ് എന്താ ബാക്കി എന്താ ഇന്നാരോടും ഇന്നാരോടും ഒക്കെ ഞാൻ ക്ഷമിച്ചെന്ന് പറഞ്ഞു പക്ഷേ ഞാനിപ്പോഴും ഒരു അതിൻ്റെ ഒരു ബാക്കി പത്രം ക്ഷമിക്കായ്മയുടെ ബാക്കിപത്രമാണ് കയ്പ്പ് എന്ന് പറയാം നമുക്ക് പറയാം എല്ലാ കയ്പും കോപവും ക്രോധവും ആ കുറ്റവും ദൂഷണവും സകല ദുർഗുണവും ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് മുപ്പത്തി വാക്യം വരുമ്പോൾ പോസിറ്റീവായ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതും അതില്ലെങ്കിൽ ആ പോസിറ്റീവായ കാര്യങ്ങളില്ലെങ്കിൽ അതും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും ദയ അത് പരിശുദ്ധാത്മാവിന് ദുഃഖമാണ് മനസ്സില് കാണിക്കേണ്ടിടത്ത് നമുക്ക് മനസ്സിലില്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവിന് ദുഃഖമാണ് കണ്ടോ നമ്മൾ മുമ്പേ പറഞ്ഞ ക്ഷമ വീണ്ടും വരുന്നു ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുന്നില്ലെങ്കിൽ അതും പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം അത് ദുഃഖകരമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് ഈ പരിശുദ്ധാത്മാവെന്ന തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമെന്താ സഹിക്കാൻ പറ്റാത്ത കാര്യം നമ്മളിപ്പോൾ വായിച്ചതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ അശുദ്ധിയാണ് സഹിക്കാനൊക്കാത്ത കാര്യം കണ്ടോ ഇതൊക്കെയും വളരെ പ്രകടമായ അശുദ്ധികളൊന്നുമല്ല പക്ഷേ നമുക്കറിയാം ഇതൊക്കെ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്നതാണ് കയ്പ്പ് ക്രോധം ദൂഷണം അതുപോലെ തന്നെ കോപം ഫോഷ് അലസത ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ലിസ്റ്റ് ചെയ്ത് ഇതിനെ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് പറയാം എന്ത് പറയാം വിശുദ്ധിയില്ലായ്മ അശുദ്ധി എന്ന് പറഞ്ഞ ഒരു കാര്യം ദൈവത്തിന് സഹിക്കാനൊക്കാത്ത ഒരു കാര്യമാണ് ദൈവമെന്താണ് ദൈവം വിശുദ്ധനാണല്ലോ നമ്മൾ ഒന്ന് പത്രോസ് ഒന്ന് പത്രോസിലെ ആ വാക്യം നമുക്കറിയാം ഒന്ന് പത്രോസ് അതിൻ്റെ ഒന്നാമത്തെ അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കേൻ ശ്രദ്ധിച്ചോ അതൊരു കൊട്ടേഷനിലാണ് കൊടുത്തിരിക്കുന്നത് കൊട്ടേഷനിൽ കൊടുത്തിരിക്കുമ്പോൾ ഉദ്ധരണിയിൽ കൊടുത്തിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അത് എവിടെ നിന്നോ എടുത്ത് ഉദ്ധരിച്ചതാണ് എന്നാണ് എവിടെ അത് എടുത്തേക്കുന്നത് ലേവ്യാ പുസ്തകത്തിൽ നിന്ന് നമുക്ക് നോക്കാം ലേവിയ പുസ്തകം അതിൻ്റെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ആ വാക്യം ആരെങ്കിലും കണ്ടവരുണ്ടോ ലേവിയ പുസ്തകത്തിൽ ഓ ഉറച്ച് വായിക്കാമോ അത് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരുപ്പീൻ എന്ന് പറയുന്ന ആ വാക്യം ലേവിയ പുസ്തകത്തിൽ നിന്ന് ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് അപ്പോൾ ഈ ലേവ്യ പുസ്തകത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്ന ഈ വാക്യം പലപ്പോഴും നമ്മൾ ഓർക്കുമ്പോൾ ഇവിടെ പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചിരിക്കുമ്പോൾ ലേവ്യ പുസ്തകം ആ പഴയ നിയമപുസ്തകങ്ങളിലൊക്കെ പിതാവിനെ ആണല്ലോ പലപ്പോഴും അവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് പുത്രനോ പരിശുദ്ധാത്മാവോ അത്രത്തോളം പ്രകടമല്ല പഴയ നിയമത്തിൽ പിതാവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇതിൽ പിതാവാണ് ആ പിതാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ത് പറഞ്ഞിരിക്കുന്നു പിതാവ് അവിടുന്ന് വിശുദ്ധനാണ് ദൈവം വിശുദ്ധനാണ് അപ്പം തന്നെ നമ്മൾ ഈ തൃത്വത്തെ ഒന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ തൃത്വത്തിലെ ഒന്നാമനായ പിതാവെന്താണ് പിതാവ് വിശുദ്ധനാണ് ദൈവത്തിന് വിശുദ്ധി അസ് സഹിക്കാൻ ഒക്കുന്ന കാര്യമല്ല ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നടന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എവിടെയെങ്കിലും അശുദ്ധി കണ്ടാൽ സംഹരിച്ചു ഒരു ഒത്തുതീർപ്പില്ല പിതാവിനെ ഈ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പില്ല പുത്രനോ പുത്രനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് പത്ര രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ടാമധ്യായത്തിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ രണ്ടാമധ്യായം ഒന്ന് പത്രോസ് രണ്ടാമധ്യായം ഇരുപത്തൊന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നു നിങ്ങളെ അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നു ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവൻ്റെ കാൽച്ചുകൂടെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയി അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള കർത്താവിനെയാണ് നമ്മൾ പിന്തുടരാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യമാണ് ക്രിസ്തുവും അവൻ്റെ കാൽച്ചയുടെ പിന്തുടരുവാൻ ഒരു മാതൃക വിചേച്ചു പോയി എന്നു പറഞ്ഞിട്ട് ആ പുത്രൻ തമ്പുരാനെക്കുറിച്ച് ഉടനെ പറഞ്ഞേക്കുന്നത് അവനിൽ പാപമില്ല അവനിൽ പാപമില്ല നമ്മൾ യോഹ യോഹനാൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അവൻ വെളിച്ചമാകുന്നു ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് യോഹനാൻ അപ്പോ സ്ഥലൻ കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തിത്വത്തെ ഭൂമിയിലായിരുന്നപ്പോൾ നേരിട്ട് കണ്ടത് അവൻ അവനിൽ ഇരുട്ട് ഒട്ടുമില്ല ഒട്ടുമില്ല എല്ലായിടവും അവർ ടെസ്റ്റ് ചെയ്ത് നോക്കി എന്നിട്ട് ഇരുട്ട് ഒട്ടുമില്ല അപ്പോൾ നമുക്കിങ്ങനെ പറയാം പിതാവ് എന്താണ് പിതാവ് വിശുദ്ധനാണ് പുത്രൻ അവിടുന്ന് വിശുദ്ധനാണ് അതുപോലെ തന്നെ അതേ പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയുള്ളൂ എന്നാൽ പരിശുദ്ധാത്മാവും വിശുദ്ധനാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ എഫ് എ സി ലേഖനത്തിൽ കണ്ടത് അല്ലെങ്കിൽ അശുദ്ധി വന്നാൽ പരിശുദ്ധാത്മാവിന് ആ കാര്യം ദുഃഖമാണ് എന്നാണ് കണ്ടത് ഇതിൻ്റെ നമ്മളിപ്പോൾ വായിച്ച ഒന്ന് പത്രോസ് രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് വാക്യങ്ങളാണല്ലോ നമ്മൾ വായിച്ചത് അതിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ തന്നെ ഒന്നും രണ്ടും വാക്യങ്ങളൊക്കെ നമ്മൾ നോക്കുക ആകയാൽ സകല ദുഷ്ടതയും ഒന്ന് പത്രോസ് രണ്ടാമധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയിയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ് കണ്ടോ ഞാനെ വിശുദ്ധനായിരിക്കാൽ ഞാനെ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പീൻ എന്ന് ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറ് വാക്യത്തിൽ പറഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ പാപമൊന്നുമില്ല എന്ന് രണ്ടാമധ്യായത്തിൽ പറഞ്ഞിട്ട് അതിൻ്റെ നടുക്കായിട്ടുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു നമ്മളോട് പറഞ്ഞിരിക്കുന്നു നമ്മളുമെന്തു വേണം സകല അശുദ്ധിയും നീക്കിക്കളയണം ഇവിടെ പ്രകടമായ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ല പറയുന്നത് കൊലപാതകത്തെക്കുറിച്ചോ വ്യഭിചാരത്തെക്കുറിച്ചോ അല്ല പറയുന്നത് സകല ദുഷ്ടതയും എല്ലാ ചതയും വ്യാജഭാവവും അസൂയിയും എല്ലാം ഉണങ്ങി നീക്കിക്കളഞ്ഞു ഈ വാക്യം നമ്മൾ വേഗത്തിലൊക്കെ അങ്ങ് വായിച്ചു പോകുമ്പം അതിൻ്റെ കൂടെ ചേർത്തേക്കുന്ന ചില കൊച്ചു പ്രയോഗങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്താ സകല ദുഷ്ടതയും സകല എല്ലാ എല്ലാ ദുഷ്ടതയും സകല എന്ന് വെച്ചാൽ എത്ര സകല എന്ന് വെച്ചാൽ സകലമാണ് സകല ദുഷ്ടതയും ചതിവിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ചതിവും എല്ലാ ചതിവും എല്ലാം എന്ന് പറയുമ്പോൾ എത്രയാണ് അതാ പിന്നെ എല്ലാ ചതിവും വ്യാജഭാവവും അസൂയും തുടർന്ന് എല്ലാ നുണയും കണ്ടോ എല്ലാം എല്ലാം സകലം എന്ന് പറഞ്ഞേക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റാണ് പറഞ്ഞേക്കുന്നത് ഇതിൽ നമുക്ക് ഈ വാക്യങ്ങളെ നമ്മൾ അക്ഷരാർത്ഥത്തിലെടുത്താൽ നമുക്ക് എത്ര നുണം നമ്മുടേതായിട്ട് നമുക്ക് സൂക്ഷിക്കാം ഒരു അഞ്ച് അങ്ങനെയാണോ ഏഹ് ചിലയിടത്ത് പുതിയ ചില പ്രയോഗങ്ങളൊക്കെ വരുമ്പോൾ സീറോ എറർ എന്ന് പറയാറുണ്ട് സീറോ എറർ ഒരു എന്ന് വെച്ചാൽ എന്താ ഒരു എററും ഇല്ല എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് സൂക്ഷിക്കാവുന്ന നുണ സീറോയാണ് സൂക്ഷിക്കാവുന്നു ചതിവ് സീറോയാണ് അസൂയ സീറോയ ഇങ്ങനെ പറയുമ്പോൾ ദുഷ്ടത സീറോയാണ് എല്ലാം സകലവും എല്ലാ ചതിവും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് പ്രിയപ്പെട്ടവർ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ആ നിലയിൽ തനിക്ക് ഒരു നിലയിലുള്ള വ്യാജവും അശുദ്ധിയും തനിക്ക് സഹിക്കാനായിട്ട് കഴിയുകയില്ല സഹിക്കാനായിട്ട് കഴിയുകയില്ല നമുക്ക് അതുകൊണ്ട് നമുക്കും ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നുള്ളത് പിതാവിനെ സംബന്ധിച്ചുള്ള വാക്യമാണ് അപ്പോൾ തന്നെ പുത്രനെ സംബന്ധിച്ചുള്ള വാക്യമാണ് അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെയും സംബന്ധിച്ചുള്ള വാക്യം തന്നെയാണ് അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ നിലയിലുള്ള ഒരു വിശുദ്ധിയാണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ ഒരു വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്തു പറ്റും ഇല്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവിന് ദുഃഖമാണ് നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം നാലാമധ്യായം നാലാമധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ വായിച്ച നാലിൻ്റെ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധാത്മാവിനും അശുദ്ധി എന്ന് പറയുന്നത് അത് സഹിക്കാനൊക്കുന്ന കാര്യമല്ല പിന്നെന്താ അത് ദുഃഖിക്കുന്നു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ആരെയാണ് ഗ്രീവ് ചെയ്യുന്ന ദുഃഖിപ്പിക്കുന്നത് ആരെയാണ് നമ്മളോട് നമ്മളൊരു തെറ്റ് ചെയ്ത് നമ്മുടെ ശത്രുവിനെ ദുഃഖിപ്പിക്കാനൊക്കെ നമ്മളൊരു ഒരു ഒരു തെറ്റായ ഒരു കാര്യം ചെയ്താൽ നമ്മുടെ ശത്രുവിനെ ദുഃഖിപ്പിക്കാനൊക്കെ ഇല്ല ശത്രുവിനോട് ശത്രുവിന് വൈരാഗ്യം ഉണ്ടാക്കാനേ ഒക്കെ ഉള്ളൂ എന്നാൽ നമുക്ക് തെറ്റ് ചെയ്ത് ദുഃഖിപ്പിക്കാൻ ഒക്കുന്നതാരെയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തെറ്റ് ചെയ്താൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നതാര നിങ്ങളുടെ അമ്മയും അപ്പനും നിങ്ങളെ സ്നേഹിക്കുന്ന ആളിനെ മാത്രമേ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ ഒക്കെയുള്ളൂ ദുഃഖിപ്പിക്കാനൊക്കെയുള്ളൂ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങളുടെ തെറ്റുകൊണ്ട് ദുഃഖിപ്പിക്കാൻ ഒക്കുകയില്ല അവന് സന്തോഷം ആ ഇവൻ തെറ്റേ വീണോ കൊള്ളാം കൊള്ളാം അങ്ങനെ വീഴട്ടെ എന്ന് ശത്രു പറയുള്ളൂ എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തെറ്റുകൾ വന്നാൽ നമ്മുടെ അശുദ്ധി വന്നാൽ അത് ദുഃഖിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന വജ കാര്യമെന്താ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ഏറ്റവും നന്മയാണ് ആഗ്രഹിക്കുന്നത് നമ്മളെക്കുറിച്ച് ഏറ്റവും നല്ലതാണ് അത് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ളപ്പം നമ്മിൽ നിന്ന് തെറ്റ് വന്നാൽ പരിശുദ്ധാത്മാവ് അത് ഗ്രീവിയും പരിശുദ്ധാത്മാവിനെ അത് ദുഃഖിപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ പലപ്പോഴും ഈ വിശുദ്ധിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത്ര പറയണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും എന്നാൽ ദൈവവചനം വ്യക്തതയോടെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ ഈ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങളുണ്ട് ആയിരത്തി അറുപത്തിയാറ് ബൈബിളിൽ വിശുദ്ധിക്കു വേണ്ടിയുള്ള ആഹ്വാനം ഉണ്ടെന്നൊക്കെയാണ് ഞാൻ എവിടെയോ കേട്ടത് ആയിരത്തി അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യത്തെ എങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോകാനായിട്ടൊക്കും അഞ്ച് ശതമാനം ഇരിക്കട്ടെ പത്ത് ശതമാനം ഇരിക്കട്ടെ എന്ന് പറയാനായിട്ട് കഴിയുമോ ഇല്ല സീറോ എററാണ് നമ്മിൽ നിന്ന് ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാണ് ഒന്ന് പത്ര ദിവസം രണ്ടാമധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ കണ്ടത് അപ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും നമ്മളെപ്പോലെ ദൈവത്തെ കാണുന്നത് നമുക്കിപ്പം നമ്മുടെ മാതാപിതാക്കളോട് ചേർത്ത് ഞാനിപ്പം പരിശുദ്ധാത്മാവിനെ പറഞ്ഞു അപ്പം തന്നെ മാതാപിതാക്കൾ ചിലപ്പം സ്വന്തം കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ ഭാഗത്ത് ഒരു തെറ്റ് വന്നാൽ എന്തോ ചെയ്യും തെറ്റു വന്നാൽ ആ ആ അത് കണ്ടില്ലെന്ന് നടിക്കും ചിലർ അതിനെക്കുറിച്ചൊരു ബോധ്യമില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ ശരിക്കും അതിനെക്കുറിച്ചൊരു തിരിച്ചറിവില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ പക്ഷപാതിത്വമുള്ള മാതാപിതാക്കളാണെങ്കിൽ സ്വന്തം കുഞ്ഞിൻ്റെ തെറ്റെന്താ ചെയ്യും അത് സാരമില്ല അത് സാരമില്ല അതിനെ കവിഞ്ഞങ്ങ് കരുണ കാണിക്കും കാക്കയ്ക്കും തൻകുഞ്ഞും പൊൻകുഞ്ഞൻ എന്ന് പറഞ്ഞതുപോലെ പലർക്കും അവരവരുടെ ആളുകളാകുമ്പോൾ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ രൂക്ഷമായിട്ട് പറയുന്ന ആൾ ആ അത് അതേ തെറ്റ് തന്നെ നമ്മുടെ അളിയനാണ് ചെയ്തതെങ്കിൽ ആ മനുഷ്യനല്ലേ നമ്മുടെ അമ്മാച്ചനാണ് അതിൻ്റെ പ്രതിസ്ഥാനത്തെങ്കിൽ നമ്മൾ അതാ മനുഷ്യൻ്റെ രീതി എന്നു വെച്ചാൽ അവിടെ എന്തോ ചെയ്യും നമ്മുടെ ധാർമ്മിക രോഷത്തെ നമ്മുടെ സ്നേഹമോ കരുണയോ കീഴടക്കികളെ പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് ദൈവത്തിൻ്റെ ഗുണങ്ങൾ നമ്മൾ പരിശോധിച്ചു വരുമ്പോൾ നമ്മിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു കാര്യം നമുക്ക് കാണാനൊക്കും ദൈവത്തിന് വ്യത്യസ്തമായ രണ്ട് പരകോടിയിലുള്ള ചില കാര്യങ്ങൾ ദൈവത്തിനുണ്ട് ദൈവം നീതിമാനാണ് കരുണയുള്ളവനാണ് നീതി പലപ്പോഴും കരുണയില്ല കരുണയുള്ളപ്പോൾ എന്തില്ല നീതി പലപ്പോഴുമില്ല ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ ദൈവത്തിനുണ്ടെന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ദൈവത്തിന് ഒരേപോലെ കാണിക്കാൻ ഒക്കുന്നത് നമ്മൾ നമ്മളെപ്പോലെ കരുതിക്കൊണ്ട് നമ്മൾ കരുണ കാണിക്കുമ്പം നീതിയെ വിസ്മരിക്കും നീതി കാണിക്കുമ്പം കരുണയെ പലപ്പോഴും വിസ്മരിക്കും എന്നാൽ ദൈവം എന്താ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ദൈവത്തിന് ഈ രണ്ട് ഗുണങ്ങളും ദൈവത്തിന് ഒരേ സമയത്ത് ഒന്നിച്ച് പ്രദർശിപ്പിക്കാനായിട്ടൊക്കും അങ്ങനെ ഒരു വാക്യമുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ് എങ്കിലും ശ്രദ്ധിക്കണേ റോമർ കെഴുതിയ ലേഖനത്തില് നമ്മൾ അങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട് റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം ക്രിസ്തു എന്തു ചെയ്തു ക്രിസ്തു നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു ക്രിസ്തു ദൈവം എന്തു ചെയ്തു ദൈവം നമ്മോടുള്ള സ്നേഹത്തെയാണ് എവി പ്രദർശിപ്പിച്ചിരിക്കുന്നത് സ്നേഹം ദൈവം പ്രദർശിപ്പിച്ചു ദൈവസ്നേഹം പ്രദർശിപ്പിച്ചത് എവിടെയാ റോമർ അഞ്ചിൻ്റെ എട്ടാണ് നമ്മൾ വായിക്കുന്നത് ദൈവസ്നേഹം പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നത് എവിടെയാണ് പ്രദർശിപ്പിച്ചത് കാൽവറി കുറച്ചിലാണ് പ്രദർശിപ്പിച്ചത് അല്ലേ കാൽവറിയിലാണ് പ്രദർശിപ്പിച്ചത് കാൽവറിയിൽ പ്രദർശിപ്പിച്ചപ്പോൾ സ്നേഹം പ്രദർശിപ്പിച്ചപ്പം അതിനോട് ചേർത്ത് കണ്ടോ അതിൻ്റെ അതിനോട് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി മരണത്തിനേൽപ്പിച്ചുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തേക്കുന്നത് സ്നേഹം പ്രദർശിപ്പിച്ചേക്കുന്നു സ്നേഹം കരുണ എന്ന കാര്യം അവിടെ പ്രദർശിപ്പിച്ചപ്പം തന്നെ അവിടെ എന്തുണ്ട് പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നുള്ള ദൈവത്തിൻ്റെ നീതിയെ മാറ്റിവെച്ചിട്ടല്ല ദൈവം കരുണ കാണിച്ചേക്കുന്നത് ദൈവ സ്നേഹം കാണിച്ചേക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്ന് പറയുന്ന കാൽവറിക്കുസിൽ തന്നെ എന്ത് കണ്ടു തൻ്റെ പുത്രനായ പുത്രനായ ക്രിസ്തുവിനെ മരിപ്പിച്ചു കൊണ്ടാണ് മരിപ്പിച്ചുകൊണ്ടാണ് പാപത്തിനവിടെ ശിക്ഷ വിധിച്ചു കൊണ്ട് തന്നെയാണ് നീതി അവിടെ നടത്തിക്കൊണ്ട് തന്നെയാണ് സ്നേഹം പ്രദർശിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും സ്നേഹം പ്രദർശിപ്പിക്കുമ്പോൾ നീതി അവിടെ കാണുകയില്ല പക്ഷേ ദൈവം കാൽവറി ക്രൂശിൽ നീ സ്നേഹം പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നിടത്ത് തന്നെ അവിടെ നീതിയെ മാറ്റിവെച്ചിട്ടില്ല പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നു പറഞ്ഞാൽ അവിടെ സ്വന്തകുമാരനെ സ്വന്തപുത്രനെ ആ കഷ്ടാനുഭവങ്ങളിലൂടെയെല്ലാം കടത്തിവിട്ട് കഷ്ടാനുഭവങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ആ ശാരീരികമായ വേദനകളാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് എന്നാൽ ദൈവത്വത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിന് ശാരീരികമായ കഷ്ടതകൾ ഒരാൾ അടിച്ചു അല്ലെ തലയിൽ മുൾമുടി വെച്ച് അടിച്ചു അല്ലെങ്കിൽ ഒരു കുന്തം കൊണ്ട് കുത്തി ഇതൊക്കെയാണ് നമ്മൾ വലിയ കർത്താവിൻ്റെ കഷ്ണങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ദൈവത്വത്തിൻ്റെ ദൈവത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാൽവറി ക്രൂശിനെ വീക്ഷിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ സകല മാനവരാശിയുടെയും പാപം യേശുവിൻ്റെ മേൽ കാൽവറി ക്രൂശിൽ ചുമത്തിയപ്പോൾ യേശു എന്ത് പറയുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് അതേ വരെ പിതാവേ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് യേശു ഇപ്പോൾ എന്താ പറയുന്നത് എൻ്റെ ദൈവമേ പിതാവെയെന്ന് വിളിക്കാൻ പറ്റുന്നില്ല കാര്യം ഈ ലോകത്തിൻ്റെ മുഴുവൻ പാവം തൻ്റെ മേൽ തൻ്റെ മേൽ ചുമത്തിയപ്പം പിതാവെന്തു ചെയ്തു പുത്രനെ കൈവിട്ടു അങ്ങനെ ഒക്കുമോ അത് വലിയൊരു മർമ്മമാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ നടന്നൊക്കെ പോകുമ്പോഴും ബസേലൊക്കെ ഇരിക്കുമ്പോഴും സഹരി നീ എന്തോ ഈ ചിന്തിക്കുന്നത് ഈ ചൂരിദാറിന് എത്ര രൂപയായിരിക്കും ഇതൊക്കെയാണോ ചിന്തിക്കുന്നത് ഈ ഈ കാര്യം ചിന്തിച്ചാൽ ഇന്ന് നിങ്ങൾ അങ്ങോട്ട് കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും പത്ത് വട്ടം പോയിട്ട് വന്നാലും ഇത് ചിന്തിച്ചാൽ തീരുകയില്ല അതായത് ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തൃത്വം എന്താ അവർ ഒന്നാണ് ഒന്ന ഒന്നിനെ ഒന്നിൽ നിന്ന് വേർതിരിക്കാനൊക്കുകയില്ല അങ്ങനെ ഇരിക്കേ അങ്ങനെയിരിക്കേ ഈ തൃത്വത്തിലെ രണ്ടാമനെ ഒന്നാമൻ കൈവിട്ടു അവിടെ നിന്ന് മാറിപ്പോയി എന്നു പറഞ്ഞാൽ അതെങ്ങനെ നോക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവർ നമ്മൾ നരകത്തിൽ നരകത്തിൽ നമ്മൾ നിത്യകാലം നരകത്തിൽ പോകുന്ന ആളുകളുണ്ടെങ്കിൽ നരകത്തിൽ നമ്മൾ നിത്യകാലം പാപത്തിന് അനുഭവിക്കുന്ന ശിക്ഷയാണ് അവിടുത്തെ ഏറ്റവും വലിയ ശിക്ഷ എന്താ കെടാത്ത തീയും കടിക്കുന്ന പുഴുവൊക്കെ ആണോ സത്യത്തിൽ അതല്ല ഏറ്റവും വലിയ ശിക്ഷ ദൈവത്തോടുള്ള എന്നേക്കുമുള്ള വേർപാടാണ് ഈ ദൈവത്തോടുള്ള എന്നേക്കുമുള്ള വേർപാടാണ് സത്യത്തിൽ നരകശിക്ഷ ആ നരക ശിക്ഷയുടെ ഒരു ചെറിയ പതിപ്പാണ് മൂന്ന് മണിക്കൂർ കർത്താവ് കാൽവറിക്രൂശിൽ അനുഭവിച്ചത് എന്നെ കൈവിട്ടതെന്ത് എന്നെ കൈവിട്ടതെന്ത് അത് നമുക്ക് നമ്മളെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഇത് ഇതിനൊരു വ്യക്തതയില്ല കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം തൃത്വം ഒന്നാണ് ഒന്നായിരിക്കുമ്പോൾ ഒരാളത്വം മറ്റൊരാളത്വത്തെ കൈവിടുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയൊക്കും രണ്ടാമത്തെ ആളത്തം ഒന്നാമത്തെ ആളത്വത്തെ ദൈവമേ എന്ന് വിളിക്കാനേ ഇപ്പം പറ്റുള്ളൂ കാരണം നരകത്തിലാണ് വേർപാടിലാണ് നമ്മൾ നരകത്തിൽ പോകുന്ന ഒരാൾ ദൈവത്തിൽ നിന്നുള്ള നിത്യ വേർപാടനുഭവിക്കുന്ന ആ നിത്യ വേർപാടിൻ്റെ മുഴുവൻ മുഴുവൻ എഫക്റ്റും കർത്താവിൻ്റെ ചെയ്തു കർത്താവ് കാലുവർക്കുറിച്ചിൽ സഹിച്ചു കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷമെന്ന് പറയുന്നത് ഇന്നെന്ന് പറഞ്ഞാൽ അത് അനന്തതയാണ് അപ്പോൾ ആ അനന്തതയെ മുഴുവൻ ഒരു മണിക്കൂർ കൊണ്ട് കർത്താവ് സഹിച്ചു അല്ലെങ്കിൽ ഈ ആ പ്രസൻറ്റൻസിൽ വർത്തമാനകാലത്തിൽ സഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇതെൻ്റെ ബുദ്ധിക്ക് എത്താത്ത വൻകാര്യമാണ് അതുകൊണ്ട് ബുദ്ധിക്ക് എത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നമുക്ക് ഇവിടുത്തെ ഇത് ഇവിടെ നിർത്താം ഈ ഈ ലോജിക്കലായ ചിന്ത നമുക്കിവിടെ നിർത്താം നമുക്ക് ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം കാൽവറി ക്രൂശിലാണ് സ്നേഹം പ്രദർശിപ്പിച്ചത് ശരി സ്നേഹം പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ തൃത്വത്തിൽ രണ്ടാമനായ പുത്രനെ നരകശിക്ഷയ്ക്കു വിധേയമാക്കുന്ന നീതിയൂടെ നമുക്ക് എന്തു ചെയ്യാം അതേ കാൽവറി ക്രൂശിൽ നമുക്ക് കാണാൻ കഴിയും നീതി മാറ്റിവെച്ചിട്ടല്ല കരുണ കാണിക്കുന്നു നമ്മൾ മനുഷ്യരെ അങ്ങനെ ഓ എൻ്റെ കുഞ്ഞല്ലേ ഓ നമ്മുടെ അളിയനല്ലേ നമ്മുടെ അമ്മാച്ചനല്ലേ എന്ന് കരുണ കാണിക്കുമ്പോൾ നീതി പലപ്പോഴും നമ്മൾ മാറ്റിവെക്കും എന്നാൽ ദൈവത്തിന് അത് കഴിയില്ല ദൈവം തൻ്റെ സ്നേഹം പ്രദർശിപ്പിച്ചു ആ സ്നേഹം പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ അവിടെ എന്തുണ്ട് അവിടെ ആ നീതിയുമുണ്ട് ആ നീതിയിലാണ് തൻ്റെ പുത്രനെ മരണത്തിന് ആ നരക ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് എന്ന് പറയുന്നത് ഇത് പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് എന്താണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവിന് നമ്മളെ സ്നേഹമാണ് സ്നേഹമായതുകൊണ്ടാണ് അത് ദുഃഖിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നുള്ളത് പലപ്പോഴും പലരും അതൊരു പല ഭാഗങ്ങളിലായിട്ടാണ് പുതിയ നിയമത്തിൽ ഇത് സംബന്ധിച്ചുള്ള വാക്യങ്ങൾ കിടക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടതെന്താ വ്യക്തിക്ക് ആകൃതി വേണം പക്ഷേ പരിശുദ്ധാലും അവൻ്റെ ആകൃതിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാൽ എന്നാൽ പ്രാവ് പോലെ വന്നു എന്നും ചില രംഗങ്ങൾ പ്രത്യക്ഷമായത് ചില രൂപമെടുത്തതായിട്ട് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആകൃതി അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നാൽ ഒരു വ്യക്തിത്വത്തിന് വേണ്ടതെന്താ അറിവ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇച്ഛയെന്ന് പറയുന്ന ഒരു കാര്യമാണ് വികാരം എന്നു പറയുന്ന കാര്യമാണ് ഇതൊക്കെയും പരിശുദ്ധാത്മാവിനുണ്ട് എന്ന് നമുക്ക് പല വാക്യങ്ങളിൽ നിന്ന് കാണാം ഒന്ന് കോരിന്ത്യർ രണ്ടാമധ്യായം അതിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ നമുക്ക് എടുത്തെല്ലാം വായിക്കാനായിട്ടുള്ള സമയമില്ല അവിടെ പരിശുദ്ധാത്മാവിന് അറിവുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കാണും ഒന്ന് കോരിന്തിയർ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം കണ്ടോ അവിടെ താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്നത് ഒരേ ആത്മാവ് തന്നെയാണ് ആത്മാവിനപ്പം എന്തുകൊണ്ട് ആത്മാവിന് ഇച്ഛയുണ്ട് ഇച്ഛയുണ്ട് തീരുമാനമെടുക്കാൻ കഴിയും അറിവുണ്ട് തീരുമാനമെടുക്കാൻ കഴിയും റോമർ എട്ടിൻ്റെ ഇരുപത്തേഴ് വായിക്കുമ്പം അവിടെ ആത്മാവിൻ്റെ ചിന്ത എന്ന് പറയുന്നു ആത്മാവിനപ്പം എന്തുണ്ട് ചിന്തിക്കാനുള്ള മനസ്സുണ്ട് മനസ്സിലെ വികാരങ്ങളുണ്ട് പരിശുദ്ധാത്മാവിന് വികാരങ്ങളുണ്ട് റോമർക്കെഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനഞ്ചാം അധ്യായത്തിൽ അവിടെ ഒരു ഒരു വാക്യം നമ്മൾ കണ്ടു മുപ്പത്തിരണ്ടാമത്തെ വാക്യം നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിനെയും അവൻ്റെ യേശുക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് അപ്പോൾ പരിശുദ്ധാത്മാവിന് എന്തുണ്ട് പരിശുദ്ധാത്മാവിന് സ്നേഹമുണ്ട് ഏറ്റവും വലിയ വികാരമാണല്ലോ സ്നേഹം സ്നേഹമുണ്ട് ഇച്ഛയുണ്ട് മനസ്സുണ്ട് ചിന്തയുണ്ട് അറിവുണ്ട് ഒരു വ്യക്തിത്വത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളവിടെ കാണുന്നുണ്ട് നമ്മളെ വഴി നടത്തുന്നതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും പരിശുദ്ധാത്മാവ് പറയും പരിശുദ്ധാത്മാവ് വിളിക്കുന്നു ഗലാത്തർ കരുതിയല്ല എങ്ങനെ നാലാമത്തേ ആറാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് വിളിക്കുന്നു എന്ന പറയുന്നുണ്ട് റോമറിട്ടിൻ്റെ ഇരുപത്തി ആറിൽ പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു റോമർ എട്ടിൻ്റെ പതിനാലിൽ പരിശുദ്ധാത്മാവും നമ്മളെ നടത്തുന്നു അപ്പോസ്ല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് തന്നെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോസ്ല പ്രവൃത്തി പതിനാറാം അധ്യായം പതിനാറാം അധ്യായത്തിൽ അപ്പോസലിനായ പൗലോസൊക്കെ കൂടെ ഒരു വഴിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റി പതിനാറിൻ്റെ ആറിൽ പരിശുദ്ധാത്മാവ് വിലക്കുകയാണ് കണ്ടു ഏഴാമത്തെ വാക്യം പതിനാറിൻ്റെ ഏഴ് യേശുവിൻ്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല അപ്പം ഒരു വ്യക്തിയെപ്പോലെ തന്നെ പോകാൻ തുടങ്ങിയപ്പോൾ പോകണ്ടാന്ന് വിലക്കി മറ്റൊരിടത്ത് പോകാനായിട്ട് ചിന്തിച്ചപ്പം അത് സമ്മതിച്ചില്ല കണ്ട ഒരു വ്യക്തിത്വത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കവിടെ കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവർ ഈ നിലയിൽ ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടേറെ വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മുടെ കൂടെ നടക്കുന്നവനാണ് നമ്മളെ ഉപദേശിക്കുന്നവനാണ് ആശ്വാസദായകനാണ് സാക്ഷ്യം പറയുന്നവനാണ് നമ്മളെ ഒരു ചില രംഗങ്ങളിൽ വിലക്കും ചിലപ്പോൾ സ്നേഹത്തോടെ നമ്മളോട് ഇടപെടും നമ്മുടെ ഹൃദയത്തിൻ്റെ നിലകളെ ആരാഞ്ഞറിയും കണ്ടോ അപ്പം കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഈ പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് ഒരു പുതിയ അവബോധം തരും നമ്മുടെ കൂടെ നടക്കുന്നവന് നമ്മളെ അറിയുന്നവന് നമ്മുടെ ഹൃദയത്തിലെ തെറ്റായ ചിന്തകൾ വരുമ്പം നമ്മളെക്കുറിച്ച് ദുഃഖിക്കുന്നവനാണ് നമ്മളെ നമുക്ക് വിഷമം വരുമ്പം നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ് എങ്ങനെ പോകേണ്ടതെന്നറിയാതിരിക്കുമ്പം നമ്മളെ ഉപദേശിക്കുന്നവനാണ് നമുക്ക് വഴിയെക്കുറിച്ച് വ്യക്തത ഇല്ലാതിരിക്കുമ്പോൾ അടുത്ത സ്നേഹിതനെ പോലെ വഴി കാണിക്കുന്നവനാണ് നമ്മെക്കുറിച്ച് നന്മ ഇച്ഛിക്കുന്നവനാണ് നമ്മളെക്കുറിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവനാണ് ഇതെല്ലാം വാക്യങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് കാണാനും ഇത്രയേറെ കാര്യങ്ങൾ ഈ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ കേവലമൊരു കേവലം ഒരു ശക്തി മാത്രമാണ് എന്ന് വിചാരിച്ച് പോയാൽ അത് ശരിയല്ല അതിൽ നിന്ന് നമുക്ക് പലതും നഷ്ടപ്പെടും ആർ എ ടോറി എന്ന് പറയുന്ന ഒരു ദൈവൃത്യൻ അദ്ദേഹത്ത് അദ്ദേഹം ഒരിടത്തെഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരിടത്തെഴുതിയിരിക്കുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒരു ശക്തി മാത്രമായിട്ട് കരുതിയാൽ എന്തോ പറ്റും ശക്തി മാത്രമായിട്ട് കരുതിയാൽ എനിക്ക് ആ ശക്തി ഉപയോഗിച്ച് എനിക്ക് ചിലത് പ്രവർത്തിക്കാം എന്നേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ എന്നാൽ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ടൂടെ കണ്ടാൽ എന്തു ചെയ്യും ആ വലിയ വ്യക്തിത്വത്തിന് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട് ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞത് പരിശുദ്ധാത്മാവ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജീവൻ ടോൺ പോലെ അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ഒരു ലേഹ്യം പോലെ അത് കഴിച്ച് നമ്മളായി ശക്തിപ്പെടുന്നു എന്നാൽ രണ്ടാമത്തേതിലോ രണ്ടാമത്തേതിൽ ശക്തനായ ഒരു വ്യക്തിത്വമാണ് അവിടുന്ന് എന്നെ ഇഷ്ടപ്പെടുന്നു എൻ്റെ കൂടെ നടക്കുന്നു എൻ്റെ കൈ പിടിക്കുന്നു എന്നെ സഹായിക്കുന്നു എന്നെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നു എന്നെ ആശ്വസിപ്പിക്കുന്നു എന്നെ ഉപദേശിക്കുന്നു എനിക്കേറ്റവും നന്മയായുള്ളത് താൻ ക്രമീകരിക്കുന്നു എന്നെല്ലാം കാണുമ്പോൾ ആ വലിയ വ്യക്തിത്വം എന്നെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ ആ വ്യക്തിത്വത്തിന് കൂടുതൽ കൂടുതൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് നമ്മളെ സഹായിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാനെൻ്റെ നമ്മൾ പറഞ്ഞു വന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന വാക്യമാണല്ലോ പുതിയ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് ഈ തൃത്വത്തിൽ പിതാവിനെ നമുക്കറിയാം പുത്രനെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം എന്നാൽ പരിശുദ്ധാത്മാവും ആ നിലയിൽ കേവലം ഒരു ശക്തിയായിട്ടല്ല മറിച്ച് നമ്മോടൊപ്പം നമ്മളെ ശക്തിപ്പെടുത്തും അപ്പം തന്നെ അവിടുത്തേക്കൊരു വ്യക്തിത്വമുണ്ട് നമ്മുടെ കൂടെ നടക്കുന്ന നമ്മളെ സഹായിക്കുന്ന നമ്മളെ തെറ്റ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി വന്നാൽ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ദുഃഖിക്കുന്ന പരിശുദ്ധാത്മാവ പിതാവ് നമ്മളെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി വന്നാൽ അവിടുന്ന് ദുഃഖിക്കും പുത്രൻ തമ്പുരാൻ പുത്രനും പാവം ചെയ്തിട്ടില്ല അവൻ്റെ കാൽ ചുവടെ പിന്തുടരാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനും എന്താ അതിൻ്റെ പേര് തന്നെ കാണിക്കുന്നത് ഹോളി സ്പിരിറ്റ് എന്നാ ഹോളി സ്പിരിറ്റ് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കെന്ത് വേണം നമ്മൾ പലപ്പോഴും പറയാറുള്ളത് കഴിഞ്ഞ വർഷത്തേക്കാൾ കർത്താവിനോട് ഒരു ചുവടുകൂടെ അടുത്ത് നമ്മൾ ജീവിക്കണം കർത്താവിനോട് അടുത്ത് ജീവിക്കാൻ നമ്മോടൊപ്പം എപ്പോഴും നമ്മുടെ ഈ ലോക പിതാവ് പഴയ നിയമത്തിൽ പ്രത്യക്ഷനായി പുത്രൻ തമ്പുരാൻ ഭൂമിയിൽ വന്നു പിതാ താൻ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിലും വസിക്കുന്നു എന്നാൽ നിങ്ങളോട് കൂടെയിരിക്കേണ്ടതിന് ഞാൻ എന്തു ചെയ്തു തരും പരിശുദ്ധാത്മാവിനെ അയച്ചു തരും യേശു പോകാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാരുടെ മനസ്സിൽ പേടിയുണ്ടായിരുന്നു ഇതേ വരെ യേശു കൂടെ ഉണ്ട് ഇനി യേശു ഇല്ല അവിടുന്ന് പിതാവിൻ്റെ അടുത്തേക്ക് വാങ്ങിപ്പോകുന്നു എന്നാ പറയുന്നത് ഇനി ഞങ്ങൾ എന്തോ ചെയ്യും ഇനി ഞങ്ങൾക്കാരുണ്ട് ചിലർ പറയില്ല ഇനി ഇനി എനിക്കാരുണ്ട് എന്ന് പറഞ്ഞ പോലെ ശിഷ്യന്മാരുടെ ഒരു മനോഭാവം ഇനി ഞങ്ങൾക്കാരുണ്ട് കർത്താവേ നീ പോവുക ഉടനെ യേശു പറഞ്ഞു ഞാൻ പോകുന്നത് പ്രയോജനം പ്രയോജനം ഞാൻ പോയാൽ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങളുടെ കൂടെ കമ്പാനിയനായിട്ട് നിങ്ങളോടൊപ്പമായിരിക്കാനായിട്ട് ഞാൻ ആരെ തരും ഞാന് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ തരും യോഹനെൻ്റെ ആ വാക്യം കൂടെ നമുക്കൊന്ന് നോക്കാം യോഹനെൻ്റെ സുശേഷം പതിനാലാമധ്യായം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിലേക്ക് വരുമ്പം എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും നിങ്ങൾ അനാഥരായി പോവുകയില്ല എന്നാണ് കർത്താവ് അവിടെ പറയുന്നത് ഞാൻ പിതാവിനോട് ചോദിക്കും എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അപ്പം നമ്മുടെ കൂടെ നടക്കുന്ന എന്നേക്കും നമ്മോടൊപ്പം ആയിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ അവനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഈ പരിശുദ്ധാത്മാവെന്ന വ്യക്തിത്വമാണ് കാരണം എന്നേക്കും നമ്മോടുകൂടെ ഇരിക്കേണ്ടതിന് പുത്രൻ തമ്പിന് ഏൽപ്പിച്ചു തന്ന ആ സത്യത്തിൻ്റെ കാര്യസ്ഥനാണ് ഹെൽപ്പറാണ് സഹായകനാണ് അവൻ നമ്മുടെ കമ്പാനിയനാണ് രണ്ട് കൊരിന്തർ രണ്ട് കൊരിന്തർ ആ അവിടെ അവസാനിക്കുമ്പോൾ അതിൻ്റെ പതിമൂന്നാമത്തെ പതിമൂന്നാമത്തെ അധ്യായം കൊണ്ടാണ് രണ്ടു കൊരിന്ദർ അവസാനിക്കുന്നത് അവിടെ അതിൻ്റെ അവസാനത്തെ ആശംസയിൽ പൗലോസ് പറയുന്നത് കണ്ടോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മളിത് പലപ്പോഴും അങ്ങ് കൂടെ കൂടെ ഇതിൻ്റെ ഒരു എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ഓർക്കാതെ പോകും ആ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കർത്താ ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ് നമ്മൾ പലപ്പോഴും അവസാനം പ്രാർത്ഥിച്ചൊക്കെയു ശേഷം ആശീർവാദം പറയുമ്പോൾ ആശീർവാദത്തിലെ ഒരു വാക്കാണല്ലോ ദൈവത്തിൻ്റെ കർത്താവായ യേശു കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മളോട് എല്ലാവരോടും എന്താ ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് കർത്താവിൻ്റെ കൃപ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ എന്താ കമ്പാനിയൻഷിപ്പാ നമ്മുടെ കൂടെ കൂടെ നടക്കുക ഇങ്ങനെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിത്വം ആ വ്യക്തിത്വത്തെ പുതുവർഷത്തിൽ ദുഃഖിപ്പിക്കല്ലേ പുതുവർഷത്തിൽ ദുഃഖിപ്പിക്കരുത് ദുഃഖിപ്പിക്കരുത് കൊച്ചു കാര്യങ്ങൾ വരാം അത് നമ്മൾ നിന്ന് നൂറ് ശതമാനം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു നമ്മൾ നമ്മളെന്താ വേണ്ടത് നമ്മൾ ആ ഈ കാര്യങ്ങളോട് എൻ്റെ കൂടെ നടക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആ ആളിനെ ഞാൻ ദുഃഖിപ്പിക്കും എന്നുള്ളൊരു തിരിച്ചറി ഒരു മോനെ ഒരു അമ്മയും മോനേയും കൊണ്ടുവന്നിരിക്കട്ടെ ആ അമ്മ കഷ്ടപ്പെട്ട് മോനെ വളർത്തിയതാണ് അവനവസാനം പഠിക്കാനായിട്ട് അഡ്മിഷൻ കിട്ടിയത് വെളിയിലൊരു സ്ഥലത്താണ് ഏ ബാംഗ്ലൂരിൽ പോവുകയെന്നിരിക്കട്ടെ ബാംഗ്ലൂരിൽ പോവുക മോൻ പോവുക അമ്മ ഉള്ള പൈസയൊക്കെ കൂടെ റെഡിയാക്കി മോനെ പുതിയ ഉടുപ്പും പാൻറ്റും ഒക്കെ അവനെ വിടുക അവനവിടെ ചെന്ന് പുതിയ കോഴ്സിന് ചേർന്നു പുതിയ കോഴ്സിനെ ചേർന്നു അവനെന്തു ചെയ്യുന്നു അവനവിടെ ചെല്ലുമ്പോൾ അവൻ ചെറുപ്പക്കാരനാണ് അവന് അവൻ്റെ കൂട്ടുകാർ പലരുണ്ട് കൂട്ടുകാരൊക്കെ അവരെ അവനെ പല നിലയിലുള്ള ഇന്നത്തെ യുവലോകത്തിൻ്റേതായ പല താല്പര്യങ്ങളിലേക്ക് ഇവനെ കൂടെ ഇടപെടുത്താനായിട്ട് ശ്രമിക്കുക ശ്രമിക്കുമ്പോൾ എന്തോ ചെയ്യും ശ്രമിക്കുമ്പം ഇവനും അതിനോടൊരു താല്പര്യമുണ്ട് പക്ഷെ അതിനിറങ്ങി പുറപ്പെടുമ്പം അവന് എപ്പോഴും പെട്ടെന്ന് ഓർക്കും ആരെയും ഓർക്കും വീട്ടിലുള്ള അമ്മയെ ഓർക്കും അമ്മയെ ഓർക്കും ഞാൻ ഈ കാര്യത്തിന് ഇടപെട്ടെന്ന് അമ്മ അറിഞ്ഞാൽ അമ്മയ്ക്കെന്താകും അമ്മയ്ക്കത് ദുഃഖമാകും അമ്മയ്ക്കത് ദുഃഖമാകും അതുകൊണ്ട് ആ ഒരു ഓർമ്മ വരുമ്പോൾ അവൻ കൂട്ടുകാരോട് പറയും ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല നിങ്ങൾ പൊക്കോ ഞാൻ വരുന്നില്ല അടുത്ത തവണ ഇവർ വിളിക്കുക വേറൊരു കാര്യത്തിന് വിളിക്കുക വിളിക്കുമ്പോൾ ഇവനൊന്ന് പോയാലോ എന്ന് അവൻ്റെ സ്വാഭാവികമായ ഒരു തോന്നലുണ്ട് പക്ഷെ അവൻ പെട്ടെന്ന് ആരെ ഓർക്കും അമ്മയെ ഓർക്കും ആ അമ്മയെ ഓർക്കാൻ കാര്യം എന്താ അമ്മ വളരെ സജീവമായ ഒരു വ്യക്തിത്വമാണെന്ന് അവൻ അറിയാം അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂരിൽ പോയ മകൻ നാട്ടിലിരിക്കുന്ന അമ്മയെ ഓർത്ത് അമ്മ ദുഃഖിക്കുമെന്ന് വിചാരിച്ച് തെറ്റായ വഴികളെ ഒഴിഞ്ഞു നടക്കുന്നത് പോലെ നമുക്ക് പരിശുദ്ധാത്മാവുന്ന വ്യക്തിത്വത്തെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടാകണം പുതുവർഷത്തിൽ പുതുവർഷത്തിൽ അല്ലാതെ എന്നോ വന്ന് എന്നോ ഒരു ശക്തിയായിട്ട് ഒരു വെള്ളം പോലെ ഒരു തീ പോലെ ഒരു കാറ്റ് പോലെ എന്തോ ഒരു കാര്യമാണ് എന്നല്ല രക്ഷിക്കപ്പെട്ട ഓരോ ദൈവബൈതലിനോട് ചേർന്നും ചേർന്നും നമ്മളോടൊപ്പം നടക്കുകയും നമുക്ക് വേണമെങ്കിൽ ദുഃഖിപ്പിക്കാൻ കഴിയുകയും നമുക്ക് വ്യാജം കാണിക്കാൻ കഴിയുകയും നമുക്ക് ദൂഷണം പറയാൻ കഴിയുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം ആ വ്യക്തിത്വത്തെ ദുഃഖിപ്പിക്കല്ലേ ദുഃഖിപ്പിക്കാതെ നമ്മളെ മുന്നോട്ട് പോണം ഞാനൊരു ദൈവത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരിക്കൽ ഒരിക്കൽ ഒരു മീറ്റിങ്ങിന് ചെന്നു അദ്ദേഹം ചെറുപ്പമായിരിക്കുമ്പോൾ ഒരു മീറ്റിങ്ങിന് ചെന്നു അന്ന് മീറ്റിങ്ങിന് ചെന്നപ്പം അവിടുത്തെ പ്രസംഗ വിഷയമെന്ന് പറയുന്നത് റോമർ കെഴുതി ലേനം പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ വെച്ചാണ് പ്രസംഗിച്ചത് അതെന്താ നിങ്ങളുടെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും ഉള്ള യാഗമായി സമർപ്പിപ്പി ഈ പ്രസംഗം കേട്ടു ഈ ചെറുപ്പക്കാരൻ ഈ പ്രസംഗം കേട്ടു പ്രസംഗം കേട്ടിട്ട് അവൻ തിരിച്ച് വീട്ടിൽ വന്നു തിരിച്ച് തൻ്റെ മുറി വന്നു എന്നിട്ട് താൻ ഓർത്തു ഇന്നത്തെ പ്രസംഗത്തിൽ എന്താ കേട്ടത് പ്രസംഗത്തിൽ കേട്ടത് ആ എൻ്റെ ശരീരത്തെ ആർക്ക് കൊടുക്കണം ദൈവത്തിന് കൊടുക്കണം ദൈവത്തിന് കൊടുക്കണം അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ആലോചിച്ച് ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഏത് ദൈവം എന്നു വെച്ചാൽ ത്രീ ഏകനാണ് ദൈവം ഏകനാണ് അപ്പം തന്നെ മൂന്ന് ആളത്വങ്ങളുണ്ടല്ലോ അതിൻ്റെ അകത്ത് ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ പിതാവിനാണോ ഞാൻ എൻ്റെ ശരീരത്തെ കൊടുക്കേണ്ടത് പുത്രനാണോ കൊടുക്കേണ്ടത് പരിശുദ്ധാത്മാവനാണോ കൊടുക്കേണ്ടത് ഇവനാകെ ഒരു കൺഫ്യൂഷനായി പറയപ്പെട്ട ഒരു ദൈവവചനം വായിച്ച് ചില കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് നല്ലതാണ് ചെറു ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം ചിന്തിച്ചാലേ നമുക്ക് കൺഫ്യൂഷനും അതിൽ നിന്ന് പിന്നെ പുതുവയ വെളിച്ചവും കിട്ടുകയുള്ളു അല്ലാതെ ഓ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എന്നൊക്കെ ഒരു ആശീർവാദം പോലെ ഇതിനെ അങ്ങ് നമ്മൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് നമ്മളങ്ങ് റ്റു മച്ച് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഇതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മളിൽ നിന്ന് അങ്ങ് ചോർന്നു പോവുക നമുക്കിതെല്ലാം അറിയാം ഒരാളൊരു വാക്യം വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ അവസാനം വരെ നമുക്കറിയാം നമ്മളൊരു വികാരമോ ചലനമോ ഉണ്ടാക്കുന്നില്ല എന്നാൽ ഈ ബൈബിളിലെ ഈ വാക്യങ്ങൾ തന്നെ നമ്മുടെ പോകുമ്പോഴും വരുമ്പോഴും രാപ്പകൽ നമ്മുടെ ധ്യാനമായിരുന്നാൽ ഓരോ കൊച്ചു വാക്ക് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഒരു ആഘാതം പോലെ നമുക്ക് തോന്നും അയ്യോ അങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ ചെറുപ്പക്കാരനൊരു കൺഫ്യൂഷനുണ്ടായി അവൻ വിചാരിച്ചു ജീവൻ വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ശരീരത്തെ സമർപ്പിക്കണം ദൈവത്തിന് സമർപ്പിക്കണം ഏത് ദൈവം പിതാവിനോ സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്ന ഓ ആ തീച്ചുളയിൽ ഇറങ്ങി വന്ന പിതാവിനോ അതോ യേശുവിനോ ആർക്കാ ഞാൻ സമർപ്പിക്കേണ്ടത് പരിശുദ്ധാൽമാവിനോ അവൻ ഇത് ആലോചിച്ചു ആരോട് ചോദിക്കാനൊക്കെ ഇല്ല അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല പ്രസംഗേനെ വിളിച്ചു ചോദിക്കാം എന്ന് വിചാരിച്ച അവൻ തീരുമാനിച്ചു പിതാവിന് എന്തുകൊണ്ട് പിതാവിന് ശരീരമുണ്ട് അവൻ കണ്ടെന്നും നടന്നെന്നും കൂടെ ഉണ്ടായിരുന്നെന്നും ഒക്കെ പറയുന്നുണ്ടല്ലോ പഴയ നിയമത്തിൽ പറയുന്നുണ്ട് യേശുക്രിസ്തുവിൻ എന്തോ ഉണ്ടായിരുന്നു പുത്രൻ എന്തോ ഉണ്ടായിരുന്നു ശരീരമുണ്ടായിരുന്നു ഈ ഭൂമി കൂടെ നടന്നല്ലോ എന്നാൽ ശരീരമില്ലാത്ത ഒരാളാര ശരീരമില്ലാത്ത ഒരാൾ പരിശുദ്ധാത്മാവ് എന്നാൽ എൻ്റെ ശരീരത്തെ ആർക്ക് കൊടുക്കാം ശരീരമില്ലാത്ത പരിശുദ്ധാത്മാവിന് കൊടുക്കാം എന്നവൻ തീരുമാനിച്ചു അവനവിടെ മുട്ടുകുത്തി അവൻ പ്രാർത്ഥിച്ചു ദേവേ എനിക്കിതിൻ്റെ തിയോളജി ഒന്നും പറഞ്ഞുകൂടാ എനിക്കിതിൻ്റെ തിയോളജി ഒന്നും പറഞ്ഞുകൂടാ എൻ്റെ വേദശാസ്ത്രമൊന്നു പറഞ്ഞുകൂടാ പക്ഷേ പിതാവിന് പിതാവ് കണ്ടെന്നും കേട്ടെന്നും പെരുമാറിയെന്നും ഒക്കെ പറയുമ്പോൾ ഒരു ശരീരമുണ്ട് പുത്രൻ തമ്പുരാനുഭൂമി നടന്നപ്പോൾ ശരീരമുണ്ട് പക്ഷെ പരിശുദ്ധാത്മാവിന് ഒരു ശരീരമുള്ളതായിട്ട് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കാൻ പറയുമ്പോൾ ഞാനിതായ ശരീരത്തെ പരിശുദ്ധാത്മാവായ ദൈവമേ നിനക്കായിട്ട് സമർപ്പിക്കുന്നു നീ എന്നിൽ എന്നെ എടുത്ത് ഉപയോഗിക്കണേ എന്ന് തന്നെ പ്രാർത്ഥിച്ചു സമർപ്പിച്ചു തൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയത് ആ ഒരു കാര്യമാണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഓർക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളെ സ്നേഹിക്കുന്ന തൃത്വത്തിൽ മൂന്നാമനായ ഒരു വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വത്തെ ദുഃഖിപ്പിക്കരുത് ദുഃഖിപ്പിക്കാതെ നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മളെ കുറിച്ച് അടിമുടി അറിയാം നമ്മുടെ കൂടെ ഇരിക്കുന്നതാണ് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ കൂടെ കിടക്കുന്നവന് രാപ്പനി മനസ്സിലാകുകയിൽ എന്ന് വെച്ചാൽ രാത്രിയിൽ പനിയുണ്ടായാൽ കൂടെ കിടക്കുന്ന ആൾക്കാ മനസ്സിലാകുന്നത് നമ്മുടെ കൂടെ കിടക്കുന്നതാര നമ്മുടെ കൂടെ നിൽക്കുന്നതാര കൂടെ ഇരിക്കുന്നതാര പരിശുദ്ധാത്മാവ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു ടെമ്പറേച്ചർ കൂടുമ്പോൾ ആർക്കറിയാം പരിശുദ്ധാത്മാവനറിയാം രാപ്പനി മനസ്സിലാകും രാപ്പനി മനസ്സിലാകും അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് വിശുദ്ധിക്കായിട്ട് ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കാം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് പുതുവർഷത്തിൽ പുതുവർഷത്തിൽ നമ്മോടൊപ്പം നടക്കാൻ ഒരു കൂട്ടുകാരനെയാണ് പരിചയപ്പെടുത്തിയത് ഇത് പുതിയ കാര്യമല്ല നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതിനെ ഈ നിലയിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ അതൊരു വ്യക്തിയായിട്ട് നമ്മോടൊപ്പം നടക്കുന്ന നമ്മുടെ ഹൃദയത്തിലെ വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ മനോഭാവങ്ങളും ഒക്കെ അറിയുന്ന അതിൽ തെറ്റായി എന്തെങ്കിലും വന്നാൽ ദുഃഖിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതൻ ഒരു സ്നേഹിതൻ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് വിചാരപ്പെടുന്നു നമ്മളെ ഉപദേശിക്കുന്നു നമ്മൾ ദുഃഖിച്ചാൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നു നമ്മുടെ കമ്പാനിയനാണ് നമ്മളെക്കുറിച്ച് അറിവുണ്ട് നമ്മളെ സ്നേഹിക്കുന്നു ഇങ്ങനെയുള്ളൊരു പരിശുദ്ധാത്മാവ് ഈ ഒരു വ്യക്തിയെ പുതുവർഷത്തിൽ നമ്മുടെ കൂടെ കൊണ്ടുപോകണം ഒരിടത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒളിച്ച് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് കഴിയില്ല പ്രിയപ്പെട്ടവരെ സത്യത്തിൽ ഈ കാര്യം വേദ വേദശാസ്ത്രമനുസരിച്ച് ഇങ്ങനെ ഇതിനെ മൂന്നായിട്ട് വിഭജിച്ച് പറയാമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂട കാരണം മൂന്നും ഏകമാണ് എന്നാൽ നമ്മൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞതിനോടുള്ള ബന്ധത്തിൽ ശെരി അവൻ്റെ പുസ്തകം അറുപത്തി മൂന്നിലാണ് ആ ഉദ്ധരണി നമ്മൾ കാണുന്നത് അവിടെയും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ എപ്പോഴെങ്കിലും നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ നമ്മൾ ഉടനെ തന്നെ അനുദപിച്ച് ആ കാര്യത്തിൽ നിന്ന് വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിനോടൊപ്പം കൈകോർത്ത് വീണ്ടും മുന്നോട്ട് നടക്കുന്ന ഇതൊരു യാഥാർത്ഥ്യമായി ഇതൊരു റിയാലിറ്റിയായി മുന്നോട്ട് വന്നാൽ ചെറുപ്പക്കാരാ നിൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരും വീട്ടിലിരിക്കുന്ന അമ്മ അറിയലോ ഞാനിത് ചെയ്താൽ എന്നാണോ നീ കരുതുന്നത് എന്നാൽ അമ്മയെപ്പോലെ നിന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവ് കൂടെ നടക്കുന്നു പരിശുദ്ധാത്മാവിനെ ഒളിച്ച് നിനക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല അമ്മ ദുഃഖിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ആ ലലുവിയ ആ ലലുവിയ നമുക്ക് പ്രാർത്ഥിക്കാം ആരുടെയെങ്കിലും മനസ്സിലൊരു പാട്ടിൻ്റെ ശീലം ഉണ്ടെങ്കിൽ ചേർന്ന് പാടുകയും ഏതെങ്കിലും ഒരു സഹോദരൻ പ്രാർത്ഥിക്കുകയും ചെയ്യാമോ പത്തൊൻപത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിൻ്റെ ഒരു വർഷം ആകട്ടെ ഇതൊക്കെയും നമ്മൾ ഒരു തത്വം പോലെ പറയുന്നതിനപ്പുറത്ത് പ്രിയപ്പെട്ടവരെ പലർക്കും ഇന്ന് പരിശുദ്ധാത്മാവിനെ വേണ്ടത് തങ്ങൾക്ക് ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള തങ്ങളെ സഹായിക്കാനുള്ള ഒരു ശക്തി എന്നുള്ള നിലയിൽ പരിശുദ്ധാത്മാവിനെ കാണുമ്പോൾ ഓ നമുക്ക് ഉത്തരവാദിത്തമുള്ള നമ്മൾ കണക്ക് കൊടുക്കേണ്ട നമ്മളെ സ്നേഹിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമായിട്ട് പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുകയും നമ്മുടെ തെറ്റുകളിൽ ദുഃഖിക്കുന്ന ആ സ്നേഹവാനായ പരിശുദ്ധാത്മാവിനെ ഞാൻ ദുഃഖിപ്പിക്കുകയില്ല ആ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യത്തോടെ ആ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ കൂടുതൽ കൂടുതൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പുതുവർഷത്തിൽ നടക്കാം അങ്ങനെയുണ്ടെങ്കിൽ ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയെ വലിയൊരളവിൽ നമുക്ക് പ്രാപിച്ചെടുക്കാനായിട്ട് കഴിയും ദൈവം നമ്മെ അതിലേക്ക് നടത്തും അവിടുന്ന് അത് ചെയ്യും അവിടുത്തെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി ഹാലലൂയ അവിടുന്ന് ആ വലിയ വ്യക്തിത്വം അത് ചെയ്തു കൊള്ളും നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ മതി ഹാൽ ലൂയ അതിനെ ഉപയോഗപ്പെടുത്തുകയല്ല നമ്മളെ ഉപയോഗിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കി നമുക്ക് പുതുവർഷത്തിൽ നമുക്ക് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നമ്മളിതേ വരെ കണ്ടതിന് അപ്പുറത്തൊരു ഡയമെൻഷനിൽ ഒരു മാനത്തിൽ കണ്ട് നമുക്കതിൽ നിന്നുള്ള പ്രയോജനങ്ങൾ എടുക്കുന്നവരായി നമുക്കായിരിക്കാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളൊന്നുമില്ല പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പ്രസംഗമില്ല എന്നൊക്കെ ആളുകൾ ആക്ഷേപിച്ചാലും സത്യത്തിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള പ്രയോജനം എടുക്കുന്നവരായിട്ട് നമുക്ക് രണ്ടായിരത്തി പത്തൊൻപതിലായിരിക്കണം നമുക്ക് ഇടപോക്കിലെ വരവിലെ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ചെറുപ്പക്കാരെ നിങ്ങൾ ചിലപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയെന്നിരിക്കും അമ്മയും അപ്പനെയും വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയെന്നിരിക്കും എന്നാലെവിടെ പോയാലും നിങ്ങളോടൊപ്പം ഇരിക്കാൻ നിങ്ങളെ അനാഥരായി വിടാതെ നിങ്ങളോടൊപ്പം ഇരിക്കാൻ കർത്താവ് ഈ സത്യത്തിൻ്റെ കാര്യസ്ഥനെ നമുക്ക് തന്നിരിക്കുന്നു അതിനൊരു ആകൃതിയില്ല ഒരു മുഖമില്ല എന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല എന്ന് കരുതല്ലേ നിങ്ങളെക്കുറിച്ച് ദുഃഖിക്കും നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങളെ മനസ്സിലാക്കും കൈക്ക് പിടിച്ചിക്കും കൂട്ടായ്മ ഓ കമ്പാനിയൻഷിപ്പ് കമ്പാനിയൻ കമ്പാനിയനായിട്ടായിരിക്കും നമ്മളോടൊപ്പം നടക്കും ആ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ പുതുവർഷത്തിൽ നമുക്ക് കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിയാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ